മോക്ഷക്കാർ വിഭാഗം മനുഷ്യ മോക്ഷോപായ വിചാര മോഷോപായത്തെ കുറിച്ച് വെച്ചാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം അതിന്റെ വഴി പായൊക്കെ ചെയ്തിട്ട് അതിലൊരു എല്ലാ പ്രവൃത്തി ഉണ്ടാകും എപ്പോഴാണോ പ്രവൃത്തി ഉണ്ടാകുന്നത് ഉടൻ തന്നെ എപ്പോഴാണോ ഒരാൾക്ക് ഒരാളീ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോ തന്നെ ോക്ഷഭാ മോക്ഷത്തിന് അവകാശികൾ ഭാഗം വെച്ച അവകാശം മോക്ഷത്തിന് അവകാശിയാണ് പറയപ്പെടുന്നത് ഇപ്പോഴാണ് ആ പ്രവർത്തന തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഗിരി പ്രയാസം സർപ്പം അഭ്യസം മോഹത ചെറിയൊരു തുടക്കം തന്നെ അവനവകാശിയാക്കി മാറ്റുന്നു അവൻ വലിയ ഡാവിക്ക് മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ അവന്റെ കഴിവിനും അവന്റെ പ്രയത്നത്തിനും എല്ലാം അനുസരിച്ച് അവൻ പണം കിട്ടുന്നു അങ്ങനെ ഇവിടെ മോക്ഷവുപ്പായ മോക്ഷവുപ്പായ മോക്ഷത്തിന്റെ ഉപായത്തെക്കുറിച്ചുള്ള ചിന്തകൾ യഥാഴാണ് ഋഷസ് പ്രവൃത്തിയും ഭവിക്കും പ്രവൃത്തി സംബന്ധിക്കുന്നത് ഉടൻ തന്നെ തഥാ അവൻ ആശുസത അപ്പോൾ ഉടൻ തന്നെ സമോക്ഷഭാഗ്യം കുറിച്ച് അവൻ മോക്ഷത്തിനവകാശ നിരാശ്യം വിഭ്രമം വിനാ കേ ഭുവനത്തിന്റെ അനപായ അപായമില്ലാത്തത് ഒരിക്കലും നശിക്കാത്തത് നിരാശം യാതൊരു സംശയത്തിനും ഒരു വികല്പങ്ങൾക്കും ഇടവൾക്കാത്തത് വികതവിഭ്രമം എല്ലാ വിഭ്രമങ്ങൾക്കും പരിഹാരമായി ആ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് പ്രേമെന്ന് ശാന്തീച്ച ആ ശാന്തി ആത്മസാന്തും അത് യോഗശാസ്ത്ര കൈവല്യം സർവ ദുഃഖം നിവൃത്തി അതുകൂടാതെ വിഭവനത്രേ നിലയിൽ അങ്ങനെ സംഭവിക്കുന്ന എല്ലാവരും സാധിക്കില്ല ആത്മശാന്തിയും ദുഃഖ നിവൃത്തി ഒരുമിച്ച് സംഭവിക്കുന്നു രണ്ടു കൂട്ടർ ഉപയോഗിക്കും പറയുന്നത് രണ്ടു കൂട്ടർക്കും മോക്ഷം എന്ന് പറയുന്ന അർത്ഥത്തിനാണ് പറയുന്നത് കേവലസ്യ ഭാവം രണ്ടു കൂട്ടർ എല്ലാവർക്കും സമ്മതിക്കും പിന്നെ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് തന്നെ ഓരോരുത്തരും ഓരോരുത്തരും നിർവചനം നിർവചനത്തിൽ വരുന്ന വ്യത്യാസം ഇവിടെ ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്ന ചില വാക്കുകളുണ്ട് സ്വാസ്ഥ്യം അന്തശേഖല ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കും ശാന്തി അന്തശാന്തി ഇതൊക്കെ ചിലവ് ഉപയോഗിക്കും ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് യോഗശാസ്ത്രത്തിൽ കൈഫല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാരണം അത് ചിത്തനിലേക്കും ചിത്ത സംസ്കാരങ്ങളിലേക്കും കടു കട്ടിയായ അഭ്യാസങ്ങൾ അത് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടും അനുഷ്ഠിക്കാനും ബുദ്ധിമുട്ടും ഇവിടെ കുറച്ചുകൂടി ലളിതമായ രീതിയിൽ അവർ മനസ്സിലാകത്തക്ക ശാന്തിക്കു പറഞ്ഞ മനുഷ്യൻ്റെ ശാന്തി സമാധാനവും അത് ജീവിതത്തിൽ മനുഷ്യരെപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആശാന്തി നിരന്തരമായി നിന്നൊക്കെ മനുഷ്യരാഗ്രഹിക്കുന്നതാണ് അങ്ങനെ പറയും വ്യത്യാസം അത് അദ്വൈതത്തിൻ്റെ ഒരിതായി പോലും അവിടെ ജന്മങ്ങളൊക്കെ ചർച്ച ചെയ്യും ഈ ജന്മനെ കുറിച്ച് അർച്ചു പിന്നെ മരണശേഷവും ശാന്തിയാണെന്ന് പറയും അതെല്ലാം ചർച്ച ചെയ്യും അദ്ദേഹത്തിന്റെ ആ പ്രക്രിയ അനുസരിച്ച് അപ്പൊ അതിലാ സ്വാസ്ഥ്യം ശാന്തി അതാവുന്നത് അപ്പം രാമനോടുകൂടെ പറയപ്പെട്ട് വളരെ വിരുദ്ധനായി എന്നാൽ അസ്വസ്ഥനായിരിക്കും അവിടെ അപ്പോ ശാന്തി ആത്മീയത വേണ്ട ഒരു സാധിച്ചു അസ്വസ്ഥര മലപ്പായി നശിക്കാത്ത നിരാശ ആശങ്കകളുണ്ട് വികത വിഭ്രമം വിഭ്രമില്ലാത്തവരുടെ സ്വാസ്യമുണ്ട് വിനാകെ ഭാവ കെവിലീഭാവം കൂടാതെ ഇന്നലെ തന്നെ മുക്തി എന്നുണ്ടായി മുക്തി എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ള മുക്തിയാണ് ദുഃഖം നിർത്തി ഭുവനത്രയെ നിലയിലെ മൂന്ന് ലോകത്തുള്ള പ്രതിസാധിക്കുന്ന താപം പ്രാശോപജവാം നൈസാന് സൈതിഥ ആയതന പ്രാപ്തവും ഈ നമ്മൾ കേവലീ ഭാവത്തിൽ സ്വാസ്ഥ്യത്തെ പ്രാപിക്കുമ്പോൾ അതെങ്ങനെയുള്ള ഉത്തമപ്രാപ്തി ഏറ്റവും ഉത്തമമായ പ്രാപ്തിയാണ് അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായി ഇന പ്രാപിക്കുന്നു പ്രാപിക്കാനില്ല സ്വാസ്ഥ്യത്തെ കഴിവൊന്നില്ല എന്ന ക്ലേശോപചാര ക്ലേശങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു ഉത്തമമായ മനസ്ശാന്തിക്ക് അത് എപ്പോഴും ഇവിടെ പറയുന്നതാണ് മനസ്സാന് സമാധാനം അതിനെന്താ ഉപകരിക്കും നാ വഴിക്ക് നീങ്ങുക താൽക്കാലികമായ ഒരു സാങ്കേതിക പല കാര്യങ്ങളുണ്ട് അതുപോലെ ആ ശാന്തി ഒന്ന് നീണ്ടതില്ല പൊതുവെ ഒരു ശരാശരി ശാന്തി മനുഷ്യന്റെ ജീവിതത്തിലുണ്ടാവും ഒരു സമാധാനം ഇവിടെ ജീവിച്ചാലും എന്താണ് ഒരു ശാന്തി സമാധാനം ഉണ്ടാവും വീട്ടിലായാലും ആശ്രമത്തിൽ ആ സമാധാനം നഷ്ടപ്പെട്ടിട്ടാണ് ആശ്രമത്തിൽ വരുന്നത് ആശ്രമത്തിൽ വന്ന വീണ്ടും അതിനും കൂടെ അശാന്തം അതുവരെ അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് ശരിയാക്കേണ്ടത് എന്നുള്ളതാണ് അതിനെന്തൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് ധനാനി സമ്പത്ത് ആ സമ്പത്ത് നേരിട്ട് ഉപകരിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം പറയുന്നത് അതുകൊണ്ട് ശാന്തി നേടാൻ പറ്റില്ല ധനാനുഭവം നിത്രാണ് ഉപകോർവുന്നു ഉപകരിക്കുന്നില്ല ഉപകരിക്കുന്നില്ല മിത്രാണ് സുഹൃത്തുക്കളും ഉപയോഗിക്കില്ല എന്തിനു ആ ശാന്തിക്ക് ശരിയായ ശാന്തിക്കും സുഹൃത്തുക്കളും ഉപയോഗിക്കത്തില്ല കാരണം ഇത് നടക്കുന്നത് മനസ്സിന് നാം ബന്ധുക്കളും ഉപയോഗിക്കത്തില്ല അപ്പൊ എന്തുകൊണ്ടത് സാധിക്കാൻ പറ്റില്ല എന്ന് പറയും നസ്തഭാവ ചടങ്ങിൽ ഹസ്തപാതചരണങ്ങളെന്ന് പറഞ്ഞാൽ മറ്റു പ്രവൃത്തികളും ആ എല്ലാ പ്രവൃത്തികളും ചേർത്തെന്ന് പറഞ്ഞാൽ വസ്ത്രപാത ദേശാന്തര സംഘമാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ ചെയ്യോ അവിടെ നിന്ന് വേറെ തയ്ക്കോ ശാന്തിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അതിനൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അതുകൊണ്ട് ശാന്തി നേടിക്കണമെന്ന് വിചാരിച്ചാൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും അശാന്തിയാവും വീണ്ടും പോകണമെന്ന് അതിൻ്റെ ഉപകരിക്കത്തില്ല എന്നാൽ കായക്ലേശ വൈകല്യം കായക്ലേശങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന വൈധുര്യങ്ങൾ ന്യൂനത പോരായ്മ അതങ്ങനെ നമ്മൾ ഒരുപാട് കായക്ലേശം എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തെ ഒന്ന് മനസ്സിലാക്കണം കാരണം ഹസ്തബോധക്കാരണം ഇതെല്ലാം പറഞ്ഞത് സാധാരണ പ്രവൃത്തിയാണ് കായക്ലേശവും പറയുന്നത് ആശുപത്വ ബസ്സുകളൊന്നും ഉപവാസമുണ്ടോധമില്ലാതെ പട്ടികകൾക്ക് അതുകൊണ്ട് പ്രകാശ കാര്യത്തിലാക്കാറ് അതുകൊണ്ട് സംഭവിച്ച വൈകല്യങ്ങളാണ് കേടുപാടുകളാണ് ശരീരത്തിൽ പിന്നെ ഒരുപാട് പാപബോധമുള്ള ആൾക്കാർ ഇവരുടെ ശരീരത്തെ പിടിപ്പിക്കും ഒരുപക്ഷെ അതുകൊണ്ട് അവർക്കൊരു മനസ്സിന് മുട്ടുശാന്തി ശരിയായ ശാന്തി അല്ല തീർത്ഥമായ ശ്രമം പിന്നെ ആൾക്കാർ മനഃശാന്തിക്ക് വേണ്ടിയിട്ട് വീട് കൊടുത്ത തീർത്ഥ സ്ഥാനങ്ങളിലേക്ക് പോയി സാധാരണ സ്ഥിരം കാണുകൾ നിങ്ങളുടെ ഒരു പൈശ വന്നു കഴിഞ്ഞാൽ നേരെ കാശിക്ക് അവിടെ പോകുക ഇവിടെ പോകുക അവിടെ പോയി എന്ത് നേടാനാണ് വേറെ ഒന്നുമില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശാന്തമാകുമെന്ന് വിചാരിക്കുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ പുതിയ പ്രശ്നങ്ങളുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യമാകും എന്നു വേണം എനിക്കവിടെ പോയിരുന്നത് സാധിക്കും അങ്ങനെ വേണം കാശി ചെന്നുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തീർത്ഥസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് വിശ്വസിക്കുന്നു ഒരു ഒരു അബദ്ധയിൽ അവർക്ക് വരുന്നു ഒരന്ധവിശ്വാസം എന്തുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നങ്ങളാണോ അവരവിടെ ജീവിക്കുന്നത് നമ്മൾ പോകുന്ന ഒരേക്കാളും വലിയ പ്രശ്നങ്ങളുള്ളവരവിടെ ജീവിക്കുന്നു അവരോടൊപ്പം അപ്പൊ അവിടെ ചെന്ന പ്രശ്നങ്ങൾ തീരുമെങ്കിലും പിന്നെ ഈ അവിടെ താമസിക്കുന്ന രക്ഷക്കണമുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങൾ ചെയ്തത് അവർക്കും നമുക്കിവിടെ ഉള്ളതുപോലെ എല്ലാം പ്രശ്നങ്ങളുണ്ട് ഞാന് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാന് കുറച്ചുകാലം ഏകദേശം ഒരു വർഷത്തോളം ആയുധം താമസിച്ചിട്ട് പണ്ടെന്ന് ഇവിടെ ക്ലാസ് അടുക്കുന്നതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് താമസം മാറാവുന്ന മതിയേറ്റോളം പോയി പോകുന്നെ അപ്പോ എന്റെ അടുത്തൊരു താമസ ഒരു ഫ്ളാറ്റിലാണ് അപ്പൊ അവര് എന്നോട് പറയുന്നത് എന്താണ് ഞങ്ങളെ കൂടെ ഒന്ന് കേരളത്തിൽ കൊണ്ടുപോകുന്നത് നമ്മള് ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഷി എസ് എസ് വന്നത് അപ്പൊ അവർ ആത്മശാന്തിക്ക് വേണ്ടി അവർ പറയുന്നത് ഞങ്ങളെ ഒന്ന് കേരളത്തിൽ കൊണ്ടുപോകും നല്ല ശാന്തി സമാധാനമാണ് സ്ഥലം നോർത്ത് ഇന്ത്യ പോലെ അല്ല അങ്ങനെയുണ്ട് ഈ പറഞ്ഞത് തന്നെ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഓടുകയാണ് കാരണം മനുഷ്യന് എന്താണ് ഹിമാലയത്തിൽ പോകും ഹിമാലയത്തിൽ കോടിക്കണക്കിന് മനുഷ്യൻ നമ്മളെക്കാളും ദൈന്യത അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് കുടുംബങ്ങളാണ് അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് അത് പുണ്യഭൂമിയാണ് അവിടെ ആന കൃഷിമാരൊക്കെയാണ് അവിടെ ഇങ്ങനെ മോം മൂടി ധരിച്ച് നടക്കുന്നത് അതിൽ നിന്നൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാം അവിടെ ചെന്ന് അവിടെ മനുഷ്യനോട് ചോദിക്കുക അവരവിടുത്തെ ജീവിതം കൊണ്ട് കഷ്ടപ്പെടുകയും കരികയും ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മളെ കഷ്ടപ്പാടാണ് പ്രകൃതിയോട് വൈദ്യോട് ദാരിദ്ര്യം രോഗവും അതിനൊന്നുള്ള യാതൊരു സംവിധാനങ്ങളും നേരെ ചോദ്യം ഒരു ആശുപത്രി പോലും ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെയുള്ള കൂടി നമുക്കൊരു ആത്മശാന്തിക്ക് പോകുന്നത് അതിന്റെ ഇടയ്ക്ക് പോയിരുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ അതിന് വെറൈറ്റി എത്രയുള്ളു ഹിമാലയം എന്നൊക്കെ പറഞ്ഞാൽ കുറേ നമ്മളിവിടെ ഇല്ലാത്ത കുറേ മലയും കാടും പിന്നെ ആൾക്കാരെ കൂടുതലായി ആകർഷിക്കുന്ന ഇതൊന്നുമല്ല ഹിമാലയം ആകർഷിക്കുന്നത് എവിടെ ചെന്നാണ് ഫ്രീ ഫുഡ് ഇതുകൊണ്ടാണ് സ്വാമിമാരൊക്കെ അവിടെ പോകുന്നത് പിന്നെ അവിടെയുള്ളവർ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഏതായാലും കുറച്ച് കഴിക്കുമ്പോൾ മടുക്കും മടുക്കും സ്ഥിരം കഴിച്ച് അവിടത്തെ ഈ റൊട്ടിയും ദാലും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മടുക്കുമൊക്കെ അങ്ങോട്ട് പോയി അവിടെ അവിടത്തെ ടേസ്റ്റ് ഒന്നും അതാണ് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരും അവിടെ നിന്ന് തോന്നുന്നു നേടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ പറയുന്നത് പിന്നെ ടൈം പാസ് കുറച്ചു പേർക്ക് അങ്ങനെ അല്ല സമയം കടത്തിവിടുക അതുകൊണ്ട് അങ്ങോട്ടേക്കോട്ട് അത് കറങ്ങിടം തീർത്ഥ ആയ വിനാശം തീർത്ഥായുധനങ്ങൾ തീർത്ഥക്ഷേത്രങ്ങൾ അതിനെ ആശ്രയിക്കുക അതുകൊണ്ടൊന്നും മനശാന്തി വരുത്തില്ല നമ്മളവിടെ ചെല്ലുമ്പം മനസ്സിന്റെ ഭാരം ഒക്കെ ഇറക്കിവെക്കാൻ അവിടെ നിൽക്കുന്ന അവര് അവരുടെ ഭാരം ഇറക്കിവെക്കാൻ നമ്മുടെ അടുത്ത് വരിക സംഗതി നടക്കുന്ന മനസ്സിനാണ് മനസ്സ് അതുകൊണ്ട് ഇതൊന്നും ഉപകരുന്നേ ഇതൊന്നും തന്നെ ഉപകരിക്കത്തില്ല മനസ്സ് ശരിയായോ ശരിയാണ് അല്ലാതെ നിങ്ങളെവിടെ താമസിച്ചാലിച്ച് മനസ്സെങ്ങനെ ശരിയാകുമല്ലോ മനസ്സ് അവനവം തന്നെ ശരിയാകും മനസ്സെങ്ങനെ ശരിയാക്കും സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അത്ര നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളേതായ ആ സാഹചര്യങ്ങളെ അനുയോഗപ്പെടുത്തി അവനവൻ്റെ മനസ്സിൽ ശരിയാകും പിന്നെ അത് ഏതാണ് സാഹചര്യം അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഓരോ തരത്തിലാണ് ചിലവർക്ക് ഒരു സാഹചര്യത്തിരിക്കുമ്പോൾ മനസ്സിൽ ശരിയാകില്ല എന്നു പറയുമ്പോൾ അങ്ങനെ സംഭവിക്കാം ഒരിടത്തേക്ക് അത് ശരിയാവത്തില്ല അതിന്റെ പേരിടത്ത് പോയി നോക്കാം അവിടെ ചിലപ്പോൾ അത് ശരിയാവത്തില്ല ഇപ്പൊ പേരെടുത്ത് പോയി നോക്കാം അങ്ങനെ മനുഷ്യൻ ഓടുന്നതാണ് പക്ഷെ എത്ര ഓടിയാല അവസാനം സ്വന്തം മനസ്സിലേക്ക് എന്ന് മടങ്ങി വേണം അതിന്റെ തകരാറെന്ന് ഓടിക്കണം അതിന്റെ പരിഹാരം സ്വയം കണ്ടെത്തണം ബാക്കിയെല്ലാം സഹായിക്കും തീർത്ഥാനങ്ങളെ സഹായിക്കില്ല എന്നല്ല പക്ഷെ സഹായിക്കുന്ന നിർബന്ധം സഹായിക്കും സഹായിച്ചു കൊടുക്കുന്നില്ല അവിടെയാണ് വേറെ അതാണ് അവസാനത്തെ ആശ്രയം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പരിഹരിക്കുന്നു അങ്ങനെ ചിന്തിക്കരുത് അതിപ്പോൾ സഹായിച്ചെന്ന് വരും അതുകൊണ്ട് പറയുന്നത് തത്പ്രാപ്തോ ഉത്തമ പ്രാപ്തോ നൈസാവുന്നില്ല ധാന്യായി ധനായി ഉപകുർവതി എന്നുള്ള എല്ലായിടത്തും ചേർത്തു ഉപകുർവാന്തി നിത്രാണി എവിടെയൊക്കെ ചേർത്തത് മിത്രാണി ലോകകുണ്ടി നാൽകോ കുറന്തി ഹസ്തബാധലനം ലോകകുറന്തി എല്ലാം ദേശാന്തരസന്ത കായും തൃപ്തിയാത്ര ആയുധനാശ്രയാ പിന്നെ എന്താണ് ഉപകരിക്കുന്നത് അതടുത്ത് പറയുന്നത് പുരുഷാർത്ഥിക സാധ്യത വാസന ഈതാർത്ഥകർമ്മ കേവലം തന്മനോമാജയേന സാധ്യതയെ പദം പുരുഷാർത്ഥിക സാധ്യത പുരുഷാർത്ഥം പുരുഷയത്നം ഈ പുരുഷയത്നത്തിലൂടെ ഒരുപാട് പ്രാധാന്യം മൗനമുള്ള പ്രയത്നം അത് എന്ത് പറയും തീരെ അനസന്മാരായ മനുഷ്യൻ തീരെ ദുർബലരായ മനുഷ്യൻ മാനസികമായ ശേഷി തീരെ ഇല്ലാത്തത് അതിന് താല്പര്യമില്ലാത്ത ശേഷിയില്ലെങ്കിലും കുറച്ച് ചന്ദ്രനിലൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ശരിയാവും അതും ഇല്ലാത്തവരും അവരെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യം ശേഷിയില്ലെങ്കിലും പ്രവർത്തിക്കാൻ ആഗ്രഹമാണ് സംബന്ധിച്ച് ഈ പറയുന്നത് പുരുഷ പ്രയത്നം അതൊന്നുകൊണ്ട് മാത്രം സാധ്യമാകുന്ന അർത്ഥം എന്ന് വെച്ചാൽ പറയുന്നു അവിടെ സന്ദർഭങ്ങളും മാത്രം സാധ്യമാകുന്ന വാസന ഏകാർത്ഥ കർമ്മണോ വാസന ഒരേ ഒരു പ്രയോജനം ഒരു സഹായം ഉള്ളതായ കർമ്മം വാസന എന്ന് പറയുന്ന എന്താണ് ഒരേ ഒരു സഹായി ഉള്ളതായ മനസ്സിന് എന്നുള്ളൊരു പ്രവണതയുണ്ടായിരുന്നു അതാണ് വാസന എന്ന് പറയുന്നത് മനസ് അനുകൂലമായിരിക്കുന്നു മനസ്സനുകൂലമായിരുന്നു ഒരു രക്ഷ മനസ്സിന്റെ അനുകൂലതയുടെ വാസ മനസ്സനുകൂലി എത്തി അപ്പോ മനസ്സ് അനുകൂലമായിരുന്ന കർമ്മം നമ്മളൊരു കർമ്മത്തിൽ ഏർപ്പെടുന്നു നമ്മുടെ മനസ്സ് അനുകൂലമല്ലെങ്കിൽ ശരിയല്ല അപ്പോ ആത്മീയമായ വഴിക്ക് സഞ്ചരിക്കുന്നു അയാളുടെ മനസ്സ് അയാൾ സഞ്ചരിക്കുന്ന ആ വഴി ആ ആത്മീയതയെ അനുകൂലിക്കുന്നവരിൽ അതിനുള്ള പ്രയോജനമൊന്നുമില്ല പ്രാധാന്യം അതിനാണ് വാസന ഏകാർത്ഥ കർമ്മങ്ങളാണ് ഒരു സഹായി ഉള്ള കർമ്മം അർത്ഥശബ്ദത്തിന് വസ്തുപദാർത്ഥം എന്നൊക്കെ അർത്ഥം അതുകൊണ്ടത് എവിടെ വേണോ സന്തോഷം അതിന്റെ അർത്ഥത്തെ യോജിപ്പിക്കുന്ന ആശയം മനസ്സിലാക്കി അർത്ഥത്തിൽ ഇപ്പോൾ വാസന എന്ന് പറയുന്ന എന്താണ് അതാണ് വേഗം ഒന്നും അല്ലെങ്കിൽ മുഖ്യം അല്ലർത്ഥം ഒരേ ഒരു സഹായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായി അങ്ങനെയുള്ള പ്രവർത്തി അത് ചെയ്യണം അല്ല ഓടിത്തീർത്ഥ സ്ഥാനത്ത് പോയൊരു കാര്യം എന്തിനാണ് ഈ വാസന വേണ്ടത് ഈ മനസ്സിൻ്റെ സ്വാസ്ഥ്യം അതിനു വേണ്ടി ഉള്ള വാസ അതുകൊണ്ട് എന്താണ് കേവലം തൻ മനോമാത്രം ജയിൽ മനസ്സിനെ ജയിക്കുക മനസ്സിനെ ജയിക്കാമെന്ന് വെച്ചാൽ മനസ്സിനെ സ്വാധീനമാക്കുക മനസ്സിന് തന്റെ നടപ്പിക്കാൻ കഴിയുക തന്റെ ആഗ്രഹങ്ങളും തന്റെ പ്രവൃത്തിയും എന്നാൽ തന്റെ പ്രകൃതിക്ക് അനുകൂലമായി ആ പ്രകൃതിയാണ് വാസ്തവ അതാണ് മനസ്സ് തനിക്ക് യോജിച്ച പ്രവൃത്തികൾ ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോഴാണ് മനസ്സ് സ്വാധീനത്തിലാകുന്നത് അതിലൂടെയെന്നു വരുന്നു പദം ആസാസ്തയും നോമ്പ് പറഞ്ഞ പദം സ്വാസ്ഥ്യം അതിനെ പ്രാപിക്കുന്നു മനസ്സിനെ വശപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സനുകൂലമായിരിക്കാം മന മനോജയം എന്ന് പറയുന്നതാണ് അതെ മനസ്സിനോട് യുദ്ധം ചെയ്തെന്ന് മാർഗം ജയിക്കാൻ പറ്റില്ല നടക്കുന്നതായിരുന്നു എല്ലാവരും ഒന്ന് വശപ്പെടുത്തി കൊണ്ടുപോവുക ഒരു അഡ്ജസ്റ്റ്മെന്റ് പോകാതെ പറ്റും മനസ്സിനെ കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വലിയ സാഹസം നടക്കുന്നതായിരിക്കും മനസ്സിനെ കീഴ്പ്പെടുത്താൻ അസാധ്യമായത് കൊണ്ട് യോഗിയുടെ ഈ ചിത്തവൃത്തി നിരോധനം മനസ്സിനെ തന്നെ ഇല്ലാതാക്കണം നിലനിർത്തി യോഗിയാകെ ചെയ്യും അതുകൊണ്ട് പൊതുവെ സാധ്യമായ ഒരു കാര്യമെന്നാണ് അതിനൊന്ന് മേരുക്കിക്കൊണ്ടുപോകുക അത് വലിയ ഒന്നും ഇല്ലാത്ത അങ്ങനെ അത് മാത്രം മതി മനസ്സ് ഒന്ന് വഴങ്ങി കെട്ടിയാൽ മതി മനസ്സൊന്ന് അനുകൂലമായാൽ മതി ആ സ്വാസ്ഥ്യം എന്ന് അതായത് പുരുഷാർത്ഥിക സാധ്യത പുരുഷാർത്ഥമാകുന്നു ആയത്മ കൊണ്ട് സാധിക്കുന്ന വാസനീകർത്ഥം വാസനയാകുന്ന ഒരേ ഒരു സഹായി ഉള്ളതായ കർമ്മം കൊണ്ട് കേവലം തത് മനോമാത്രം ജയി ഇവരും ആ ജയിക്കുക മനോമാത്രം ജയി മനസ്സിന് ജയിച്ചാലെല്ലാം ജയിച്ചു അതുകൊണ്ട് പദം ആ സാധ്യതയെ ആ പദത്തെ പ്രാപിക്കാൻ കഴിയുന്നു മനസ്സിലങ്ങനെ ജയിക്കും വിവേകമാത്ര സാധ്യമുണ്ട് വിചാരേകാന്ത നിശ്ചിത ദുഃഖജാലും അത് വിവേകമാത്ര സാധ്യമല്ല അതിന് ഒരു തിരിച്ചറിവുണ്ട് വിവേകം ൂഢ ഇല്ല അത് മാ എന്താണ് ആവശ്യമുള്ളത് എന്താണ് മനഃശാന്തിക്ക് ഉപകരിക്കുന്നത് അതിന്റെ അതിനെ സ്വീകരിക്കുക നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാടുണ്ട് ഇവിടെ ആത്മീയ രംഗത്ത് തന്നെ നമ്മുടെ ചുറ്റുപാടു നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊന്നും നേരെ പിടിക്കാൻ പോകും ഇതുകൊണ്ട് അത് മനസ്സിനെ ദുർബലപ്പെടുത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ പ്രധാനമായിട്ടും മനുഷ്യന്റെ അന്ധവിശ്വാസം അന്ധവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനെ ഒരുപാട് ദുർബലപ്പെടുത്തുന്നത് അന്ധവിശ്വാസങ്ങളൊന്നും ഒന്ന് മാറാവുന്ന മനസ്സിന് ബലം അന്ധവിശ്വാസത്തിൽ നിന്നും മാറുമ്പോൾ ആത്മവിശ്വാസം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ എന്താ അന്ധവിശ്വാസം തന്റെ വിശ്വാസം അന്ധമാണോ അതേ ഒന്ന് വിവേകം കൂടി തിരിച്ചറിയുക അങ്ങനെ വിവേകവും കൂടെ തിരിച്ചറിഞ്ഞിട്ട് അന്ധവിശ്വാസങ്ങളൊന്നും മനസ്സിൽ മനസ്സ് അതേപോലെ ആത്മവിശ്വാസത്തെ വർദ്ധിക്കും അതുകൊണ്ടേ സാധിക്കും അത് പലരും ധരിച്ചിരിക്കുന്ന എന്താണ് അന്ധവിശ്വാസമാണ് ആത്മീയത ആത്മീയതയുടെ അലങ്കാരമായിട്ടാണ് ഈ അന്ധവിശ്വാസങ്ങൾ വന്നത് ഇപ്പോഴാണോ ഒരാൾക്ക് ആത്മീയമായ ശാന്തി കിട്ടുന്നത് അത് അന്ധവിശ്വാസം അത് വീഴ്ച അപ്പൊ അന്ധവിശ്വാസമാണ് തകർക്കുന്നത് ഒരുപാട് അന്ധമായ വിശ്വാസം മനുഷ്യന് അവന്റെ ഭാവിയിൽ കുറിച്ച് ആശങ്കകളുണ്ട് നാളെ എന്തായാലും ഈ ആശങ്ക ആണ് മനുഷ്യന് കൂടുതൽ അന്ധവിശ്വാസികളും അത് മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാക്കും ഭാവിയെക്കുറിച്ച് അവനവന് പരിഹാരമുണ്ടായിരുന്നു അപ്പൊ അവൻ എന്തേലും അന്ധവിശ്വാസങ്ങൾ പറയുന്നു തനിക്കറിയാത്ത ഭാവി ഗുണമാണോ ദോഷമാണോ എന്ന് തനിക്കറിയാമ്യാത്ത ഭാവിയെ ഗുണമാക്കാൻ വേണ്ടി അവൻ ശരിയായ വിവേകവും ശരിയായ പ്രവൃത്തിയും വേണ്ട സ്ഥലത്ത് അന്ധവിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ധവിശ്വാസങ്ങളെ തിരിച്ചറിയുക അതിനെ ഉപേക്ഷിക്കുക എന്നാൽ മാത്രമേ മനസ്സിന് സാധിക്കൂ ഏതാണ് അന്ധവിശ്വാസം നമുക്കറിയാൻ പറ്റും അന്ധവിശ്വാസികളാണ് ഏതൊരു വിശ്വാസം കൊണ്ടാണോ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്തത് അത്തരം വിശ്വാസങ്ങളല്ല അന്ധവിശ്വാസം വീണ്ടും വീണ്ടും പരിഹാര മാർഗം തേടേണ്ടി വരുന്ന വിശ്വാസം വിശ്വാസ പദ്ധതികളല്ല അന്ധവിശ്വാസം നൂറ് തവണ ഒരു വഴിക്ക് പരിശ്രമിച്ചാലും ശരി നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല മനസ്സിലാക്കണം ഇത് അന്ധതല്ല അന്ധവിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ ആ വഴിക്ക് നീങ്ങിയിട്ട് പരിഹാരം കാണാത്തത് എന്നും ആവർത്തിക്കേണ്ടി വരും പ്രശ്നം പരിഹരിക്കാൻ ബ്രിട്ടീഷ് ജോത്സ്യുന്നു പ്രശ്നം വയ്ക്കുന്നു പരിഹാരം നിർദ്ദേശിക്കുന്നു സ്വന്തം ജീവിതത്തെ ജോൽസ്യം കൈക്കൊള്ളുന്നു ജ്യോത്സ്യം പറഞ്ഞ എല്ലാം ചെയ്യും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു വീണ്ടും ജോൽസിനെ കാണുന്നു ഒരു പൊട്ടശാസ്ത്രമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തും ശാസ്ത്രമേ ഉണ്ട് ഒരു പൊട്ടത്തല്ല അതനുസരിച്ച് ജീവിതത്തെ ഒരത്യാവശ്യമായിട്ട് കരുണാമപ്പള്ളി പോകണം ഉടനെ എന്താണ് ബസ് പോകേണ്ട സമയം ഒമ്പത് മണിക്ക് രാഹു കാലം പത്തുമണിക്ക് കഴിഞ്ഞു പോകത്തില്ല രാവുകാലം കഴിഞ്ഞാൽ ബസ് കിറക്കും ഇങ്ങനെയുള്ള പൊട്ടം മാറും കൂട്ടമായിപ്പോ ആശ്രമങ്ങൾ രാഹു കാലം ഇങ്ങനെ പോലെ ഓരോന്ന് കാര്യങ്ങളാണ് സർവകാര്യങ്ങളിൽ നിന്ന് വിവരകാരി ഇടപെടുകയാണ് എന്താണ് ഒരു വോട്ടിൽ എല്ലാം തട്ടിപ്പാണ് ഇനി വേറെ ഒരു വോട്ടിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വലിയ മാർഗറ്റാണ് വാസ്തു എന്ന് പറഞ്ഞൊരു വോട്ടിലിറങ്ങിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ തട്ടിപ്പാണ് െന്ന് പറഞ്ഞാൽ സിവിൽ എൻജിനീയറിംഗ് എന്ന ഞാൻ പറയുന്നത് അത് സയൻസാണ് അത് കൊണ്ടോണ്ടല്ലോ അങ്ങനെ എന്ന് പറയുന്നത് അവിടെ ആ കേട്ടു ഭാഗത്ത് ഒട്ടു വാതൽ തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞു പോകും വീട് വെച്ച് ഇത്രയും കാലമായി താമസിക്കുന്നു അപ്പാണ് വാസ്തുക്കാരൻ വന്ന് കണ്ടു പറയുന്നത് ഈ വാതനം ഇവിടെ ഇത് ഉടനെ ഞാൻ എടിച്ച് ടൈർ എല്ലാം പൊട്ടിച്ച് കളഞ്ഞി അതിനെ പൊക്കിയെടുത്ത് വേറെ തോണ്ടുപോയി ഇവിടെ ക്ലോസ് ചെയ്യും കുറെ കാലങ്ങളിൽ ഇപ്പോഴാണ് അടുത്ത വസ്തു എഴുന്നള്ളത് അപ്പം ആയിരിക്കുന്ന വാഹനം മാറ്റി എല്ലാ പ്രശ്നം പിന്നെ അതിനെ ഇടിച്ച് പൊളിച്ചു കൊണ്ടുപോയി നേരത്തെ പൊളിച്ചെടുത്ത് ഇങ്ങനെ മനുഷ്യനായിട്ട് വട്ടം വീട് വെക്കുന്ന നോക്കേണ്ടത് ഈടുണ്ടോ ഉറപ്പുണ്ടോ സൗകര്യമുണ്ടോ വായു കിടക്കുമോ വെളിച്ചം കിടക്കും ഇതൊക്കെ നോക്കേണ്ടത് ഇതിനപ്പുറം ഈ നോക്കുമ്പോൾ ശുദ്ധ അസംബന്ധങ്ങൾ ഇവിടെ ഇതൊക്കെ വാസ്തു നോക്കിയാണോ കട്ടിയിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് കുറെ അന്ധവിശ്വാസം അതിനെല്ലാം ജയത്താണ് ഈ പറയുന്നത് ഇങ്ങനെ ഓടോരോ കാര്യം ഇതൊക്കെ പ്രാചീന മനുഷ്യന്റെ മൂഢവിശ്വാസങ്ങളാണ് മൂഢവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിച്ച് ഇത് ഉപയോഗിച്ച് സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരെയാണ് പുരോഹിതങ്ങൾ പറയുന്നത് ആരായാലും ശരി സ്വാമിമാരായാലും ശരി അവരൊക്കെ പുരോഹിതന്മാരാണ് ഇതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല നിരർത്ഥികമായ പിന്നെയും വാതിൽ വെച്ചിരിക്കുന്നിടത്ത് വായുവും വെളിച്ചവും കിടക്കുന്നു അത് ശരി അപ്പോ വീട്ടിക്കയറ്റാൻ കൊള്ളാത്ത രണ്ടുപേരാണ് ഈ വാസ്തുക്കാരും ജ്യോത്സ്യന്മാരും മനസ്സിലായത് ഇവർ കയറ്റുമോ എന്താ സംഭവിക്കുന്നത് മനുഷ്യന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഇവരെല്ലാം കൂടെ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റും ഒരുപാട് മനുഷ്യൻ അവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി അവന്റെ മനഃശാന്തി നഷ്ടപ്പെടുത്തി അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി ആത്യന്തികമായി പറ്റിക്കപ്പെട്ട് ജീവിക്കും അതുകൊണ്ടാണ് ഈ പറയും ഇതൊക്കെ അസംബന്ധമാണ് കോടയങ്കിൽ ശാസ്ത്രം ശാസ്ത്രമാണ് അതിപ്പോ സംസ്കൃതത്തിന് എഴുതി വിചാരിക്കൊന്നും സയൻസ് ആവട്ടെല്ലാസ്ത്രമാണ് സയന്റിഫിക്ക് ആവട്ടെല്ലാസ്ത്രമാണ് എഴുതി വെച്ചു കഴിഞ്ഞാൽ എല്ലാം ശാസ്ത്രമാണ് പൊട്ടൽ ശാസ്ത്രം സംസ്കൃതത്തിൽ എഴുതി Valerie, is so ീ സംസ്കൃതത്തിൽ എഴുതി വച്ചിട്ട് ആൾക്കാരെ എന്തെല്ലാം എഴുതി വെച്ച് പറ്റിച്ചതിൽ നൂറ്റാണ്ടുകളായി ഒന്നും രണ്ടും വർഷമാണ് നൂറ്റാണ്ടുകളായി പറ്റിച്ചത് നല്ലതും ഉണ്ട് നല്ലതല്ലെന്ന് തന്നെ ഞാൻ പറയുന്നു സംസ്കൃതത്തില് ആസ്ട്രോണമിയും ആര്യഭട്ടനും പോലെയാണ് മഹാജ്വീനിയേഴ്സുകൾ എഴുതി വെച്ചിട്ടുണ്ട് അത് സയൻസാണ് അതിന്റെ അകത്ത് എന്ത് ചെയ്തു ഈ വരാഹങ്ങളിൽ വേരുന്ന പോലെയുള്ള ആൾക്കാർ അതിനെ ബേസ് ചെയ്ത് കുറെ ഓരാശാസ്ത്രങ്ങളും കഴിഞ്ഞു വെച്ച് തിരിച്ചും മറിച്ചും ഒന്നിപ്പറയുന്ന എന്റെ വേറെന്ന് അതിൽ പറയുന്ന എന്റെ വേറെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇട്ട് ുറ്റുകം ചുറ്റിക്കുക എന്തുകൊണ്ടാണ് ഇതിന് കാരണം ഇത് സംഭവിക്കുന്നത് എന്തോ ഈ എഴുതി വെച്ചവരുടെ മെടുക്കല്ല ഒരിക്കൽ ഇതും കാരണം ഈ മനുഷ്യന്റെ മാനസികമായ ദുർബലത അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് മനോജയം ആ ദുർബലതയെക്കുറയും മനുഷ്യൻ പല അർത്ഥത്തിലും ദുർബലനാണ് ആ ദൌർബല്യത്തെ ചൂഷണം ചെയ്യാം അതാ സംഭവിച്ചു അതിനു വേണ്ടിയിട്ട് ബുദ്ധിയുള്ളവരുണ്ട് അവര് ശാസ്ത്രം എഴുതി വെച്ച് അപ്പൊ അതിന്റെ ശരിയെടുക്ക തെറ്റുന്ന കളയാണ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാ ഉടൻ ജോഡ്സ്യന്മാരംഗത്ത് ഒരു കളി ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒരു യുദ്ധം സംഭവിച്ചോ ഇത് സംഭവിച്ചു ഈ പഹൽഗാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇവിടെ ചെറിയ സംഘർഷമാണോ ഉടനെ എത്ര ജോഡസ്യന്മാരോന്നു കൃത്യമായി പ്രവഹിച്ച ജോഡ്യന്മാർ എന്നാ ഇവരെ മഹാദ്രോഹികളൊന്നും വിളിക്കുന്നു കാരണം എന്താണ് ആ പഹൽഗാമിൽ പോയപ്പോ ആ പാവപ്പെട്ട സ്ത്രീകളുടെ മുമ്പ് ഇട്ട് ഭർത്താക്കന്മാരെ ഉപയോഗിച്ചു അവരൊക്കെ വിധവ ഇവർക്ക് പ്രവേശിച്ചപ്പോലീതന്ന് പോവരുത് അവിടെ അപ്പൊ അത്രത്തിൽ പറഞ്ഞാൽ മതിയല്ലോ പഹൽഗാമിന് ഇന്ന ദിവസം ആക്രമണം നടക്കും ഏതെങ്കിലും ഒരു ജോഷ്യം പറഞ്ഞു അതുകൊണ്ട് ആരും അവിടേക്ക് പോകരുത് എത്രയോ ഉപകാരമായിരുന്നു പറയാമല്ലോ ഇവിടെ എല്ലാം കൃത്യമായി പിടിച്ചു പറയുന്നതെന്നുണ്ടോ ഇവിടെ തന്നെ ഉണ്ട് അത്ര ജ്യോതിഷ ശിരോമണികൾ ഇവരെന്താ പ്രവചിക്കാത്ത എന്തൊരു ദുരിതമാണ് അവിടെ നടന്നത് എന്തൊരു കഷ്ടപ്പാടാണ് വളരെ സന്തോഷമായി പോയ മനുഷ്യന് അവരുടെ ഭാര്യകൾ മുന്നോട്ട് ഭർത്തകം തന്നെ വിളിപ്പിച്ചുകൂടിയാണ് മനുഷ്യന് അതുണ്ടാക്കുന്ന ഡ്രാമ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതകാലങ്ങളും മാറും ും മരിക്കുന്ന പോലെ തന്നെ അല്ലല്ലോ സ്വന്തം കണ്ണിനെ ചോടിയിൽ ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ജ്യോതിഷ ശിരോമണി ഒന്ന് പറഞ്ഞിരുന്നു എന്താ പറയാ ശുദ്ധ തട്ടിപ്പായതാ മനസ്സിലായി അതന്നെ പ്രവചനംന്ന് പറയുന്നത് പറയുന്നുണ്ടോ ഇന്ന ദിവസം നടത്താൻ പോയിട്ടു ആരും അങ്ങോട്ട് പോകരുത് ആരും പോകത്തൂല നടത്ത വെറുതെ പറഞ്ഞാൽ ചുമ്മാ വെറുതെ അവരടിയടി ചെറിയ ഈ സംഭവം ഒഴിവാൻ അനുഭവത്തിൽ നടക്കത്തില്ല വെറുതെ ആൾക്കാർ പറ്റി എന്തുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് വളരെ ദുഃഖം എന്തെങ്കിലും ഒരു പച്ചത്തിരുന്ന് കൊണ്ട് കയറിപ്പറ്റി ആ പച്ചത്തിരിഞ്ഞി കയറി കൊണ്ടിട്ട് അതിന് സമാശ്വാസം വരും മനസ്സിനെ അവർക്ക് ജയിക്കാൻ പറ്റും കാരണം ശാസ്ത്രം തന്നെ അസംബന്ധമാണ് എന്തുകൊണ്ട് ഇതിൽ പറയുന്ന നിങ്ങളൊരു രണ്ടു മൂന്ന് ഓരോ നോക്കുക ഒന്നിൽ പറയുന്നില്ല വേറെ പറയുന്നു എല്ലാം പരസ്പര വിരുദ്ധമാണ് പരസ്പരവിരുദ്ധമായി പറയുന്നു ഇങ്ങനെ ശാസ്ത്രമാണ് ശാസ്ത്രം എന്ന് വെച്ചാൽ പരസ്പരം സഹായിക്കില്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ സഹായിക്കും ഫിസിക്സ് കെമിസ്ട്രീസ് സഹായിക്കും അത് മറ്റൊന്നിനെ സഹായിക്കും അങ്ങനെ വന്നതിന് അത് ശാസ്ത്രമാണ് ഇത് പരസ്പര വിരുദ്ധമായ കാര്യം പറഞ്ഞ ശാസ്ത്രം മാത്രം ഒരോരുത്തരെ കപോല കൽപീതമാണ് മനസ്സിൽ തോന്നുന്ന ഭാവനയിൽ ഓരോന്ന് നേടിയ വച്ചിട്ട് ദുർബല മനസ്സുള്ള ആൾക്കാർ പറ്റിക്കുന്നതാണ് ഒരു കാരണവശാലും ദുർബലമായ മനുഷ്യനെ കൂടുതൽ ദുർബലപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസം പോയിച്ചവിടെ അതുകൊണ്ട് എന്താണ് നമുക്കൊരു നഷ്ടവും ഇല്ല ലാഭമേ ഉള്ളൂ സാമ്പത്തികമായ നഷ്ടം മനസ്സില്ലാത്ത ഇതൊക്കെ അസംബന്ധമാണെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് മാറി ഉണ്ടാകുന്ന ആത്മവിശ്വാസവും മാനസിക ബലവും എത്രയോ വലുതാണ് ഞാനത് പഠിച്ചു നോക്കി പഠിച്ച് തീർന്നൊന്നും പറയുന്നില്ല പഠിച്ച് നമുക്ക് ഉപേക്ഷിച്ച തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഒരു കാര്യമില്ല സമയം എന്ന് പറയുന്നില്ല സമയം എന്ന് പറയുന്നത് സമയത്തിൽ നടക്കുന്ന സംഭവമാണ് ആ സംഭവങ്ങൾ നല്ലതും ചീത്തയുണ്ട് അത് സമയത്തിൽ നല്ലതും ചീത്തയുണ്ട് സമയം നല്ലതോ ചീത്തയാൽ രണ്ടുമല്ല സമയം എന്താണ് അങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒഴുക്കാണെന്ന് പറയാം അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അതിന് നല്ല സമയം ചീത്ത സമയം അങ്ങനെ ഒരു സമയത്തിൽ ഒരു വ്യത്യാസം വേണ്ടി പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നല്ല നിശ്ചയി പ്രകൃതിയിലും നല്ല നിശ്ചയിത്തെയല്ല അതങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളതൊക്കെ നല്ല നിശിറ്റിയാകും ഒരു ഗുണം കൊറോണയുടെ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ദോഷമാണ് അതിന് നല്ലതാണ് എന്തുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരുപാട് വൈറസ് ആണ് നല്ലൊരു ഗുണമാണ് നമുക്കത് ദോഷമാണ് അപ്പൊ ഇത് ആപേക്ഷികമാണ് നല്ലതും ചീത്തത് ചീത്തയും ആന്റിബയോട്ടിക് കഴിക്കുന്നത് നമുക്ക് നല്ലതാണ് പക്ഷെ നമ്മളെ ആക്രമിച്ചിരിക്കുന്ന ആ സൂക്ഷമാണുക്കൾ അതിനത് ദോഷമാണ് ഇങ്ങനെ ഒന്നും എല്ലാം നല്ലതും ചീത്തയും ഈ ലോകത്തിൽ അതാ അതിന് കാലമായിട്ട് എന്താ പറ്റും നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലൊരു മുണ് കടന്ന് നമ്മുടെ കാലം കൊണ്ട് കൊണ്ടു കഴിഞ്ഞാൽ വേദന കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കില്ല അതിന് കാലുമായിട്ടും തകർന്നു കാലമായിട്ട് ഒരിക്കലും കാലത്ത് ഗുണം ദോഷം ജമ കണ്ടകാലം കുടിക കാലം രാഹുക്കാലം എന്നൊരു നമ്മൾ കാലത്തെ ആക്ഷേപിക്കുന്നു അങ്ങനെ കാലത്തിനങ്ങനെ യാകുന്നു പക്ഷെ ജീവിതത്തിൽ ആപേക്ഷികമായി നമുക്ക് ഗുണവും ദോഷമെല്ലാം സംഭവിക്കുന്നുണ്ട് അത് ചില നമ്മളറിയും ചിലത് നമ്മൾ അറിയിക്കണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്നതാണ് ഈ പൊട്ടശാസ്ത്രങ്ങളാനും ചില സ്ഥലങ്ങളിലൊക്കെ വീട് വെച്ചിട്ടുണ്ട് ഞാൻ ഒരിടത്തും സമയം നോക്കി തറക്കല്ലിട്ടിട്ടില്ല ജ്യോതിഷണം കണ്ടിട്ടില്ല സമയം നോക്കി അല്ലെങ്കിൽ എന്റെ ജ്യോത്സ്യം വെച്ച് അങ്ങനെ ചെയ്തിട്ടില്ല ഒരു തരത്തിലുള്ള എന്താണ് ഈ പറയുന്ന അസംബന്ധശാസ്ത്രങ്ങളുടെ നിലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു വാസ്തുവിന്റെയും കൺസൺട്രേഷൻ നടത്തിയിട്ടുണ്ട് ഞാൻ എഞ്ചിനീയറിടത്തും ആർക്കിടെക്റ്ററിനോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആ കെട്ടിടങ്ങളൊക്കെ തന്നെ ബലമായിട്ടിരിക്കുന്നുണ്ട് ആണെന്ന് താമസിക്കുന്നു ഒരു വഴപ്പം പിന്നെ നമ്മളൊരു വീട് കെട്ടി കുറെക്കാലം താമസിച്ചാൽ അവിടെ ആൾക്കാർ കടന്നും അതൊരു സ്വാഭാവികമാണ് അത് കൂടുകളിൽ നിന്നവടെ മരണമെന്നാണ് വാസുദോഷം കൊണ്ടല്ല എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തോന്നി വരും വാസ്തുദോഷം കൊണ്ടല്ല അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താണ് അവിടെ മനോജയത്തെക്കുറിച്ച് പറയും മനോജയം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ മനോദൗർബല്യം ഇതൊക്കെ ഇതൊക്കെ കടയും ഇത്തരം മനോദൗർബല്യങ്ങളെല്ലാം കളയും ഒന്നിനും മനസ്സിന് വിട്ടുകൊടുക്കും മനസ്സിന് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കി നമ്മളറിയാതെ പ്രകൃതിയിൽ നിന്ന് പല കാര്യങ്ങളും നടക്കുന്നു അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും നമുക്കറിയാം എന്നുള്ള കാര്യങ്ങൾ വളരെ കുറച്ചുള്ള അതിനെ മാനേജ് ചെയ്ത് ജീവിക്കുക അത്രയും അതിൽ നഷ്ടവും ലാഭവും എല്ലാം ഗുണവും ദോഷവും അതിനൊന്നും വലിയ വ്യാകുലതയില്ലാതെ ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഉൾക്കണ്ഠം അത് അർത്ഥമില്ലാത്ത ആ ഉത്കണ്ഠന ഉണ്ടായാൽ നിങ്ങൾ ഈ തട്ടിപ്പോകാട്ടർ അത്തരം ഉത്കണ്ഠകൾ ഉള്ള എന്തു വന്നാലും നേരിടാൻ ധൈര്യമായി ധൈര്യത്തോടെ നേരിട്ട് ചിലപ്പോൾ നല്ലതും ഉണ്ട് നമ്മള് ജീവിതകാലം മുഴുവൻ ജോഡ്സിനെ കൊണ്ട് ജീവിച്ചാലും ക്യാൻസർ വരാൻ പറ്റും പിന്നെ കീമോതെറാപ്പി എടുത്തിട്ടു അതിന് ജോഡ്സിൻ്റെ ഒരു പരിഹാരം പിന്നെ പലർക്കും ഒരു ധാരണ എന്താണ് ഈ ആത്മീയ മാർഗത്തിൽ ഒന്ന് ഇതെല്ലാം അങ്ങോട്ട് അംഗീകരിക്കും എന്നുള്ളത് ആർഷ സംസ്കാരത്തിന്റെ ഭാഗം അതുകൊണ്ട് ഇതൊക്കെ അംഗീകരിച്ചാൽ നമ്മുടെ ആത്മീയത പൂർണ്ണമാവുന്ന ധരിക്കുന്ന പൊട്ടന്മാരും പൊട്ടത്തീറും അല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല ആത്മീയത എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന കാര്യമാണ് എന്താണ് ആത്മശാന്ത ഇതൊക്കെ അതിനെ തടസ്സം തയ്ക്കുന്ന കാര്യമാണ് അപ്പൊ അത് മനോദൌർബല്യമാണ് മനസ്സിലാക്കണം നമ്മുടെ ദൗർബല്യമാണ് അതുകൊണ്ട് മനസ്സിന് അതാണ് നമ്മൾ പറയുന്നത് മനോമാത്രം ജയി മനസ്സിന് മാത്രം ജയിച്ചാൽ ജീവിതം ശാന്തമാണ് സുഖമാണ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസങ്ങളും ഞാൻ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടമില്ല എന്റെ മനഃശാന്തിക്ക് ഒരു കുറവ് ഒരു തരത്തിലുള്ള വേഗതകൾ ഇതിന്റെ പേര് ഭാവിയെ കുറിച്ച് ഓരോ ആശങ്കയും വരുന്ന വെച്ച് കാണാം അത്ര എന്താ എന്ന് വിചാരിച്ച് നമ്മൾ മണ്ടത്തരം ചെയ്യണമെന്നല്ല നമ്മുടെ ബുദ്ധിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കരുതലോടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കരുതൽ ആവശ്യമാണെങ്കിലും നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ട കരുതൽ പക്ഷേ ചിലപ്പോൾ കരുതലിനപ്പുറം കാര്യങ്ങൾ നടക്കും നടക്കട്ടെ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കിയോ മനസ്സിൽ ജയിച്ചു അതാണ് മനോമാത്രം ചെയ്യാൻ ആസാധ്യതയെന്നു അതുകൊണ്ട് ഈ പദം സ്വാസ്ഥ്യമാണ് അവിടുത്തെ പദം വേർന്നുമല്ല മനസ്സാത് അത് ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലും എന്താണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇതൊക്കെ കളയുന്നൊന്നും ഇല്ല അങ്ങനെ കാരണം ഞാൻ അന്ധവിശ്വാസിയല്ലല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് കേൾക്കുന്നതുകൊണ്ട് മനസ്സ് ദുർബല ആണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഓരോ പ്രയോജനമുണ്ട് വിവേകമാക്കുന്ന സാധ്യത തദ്ശ് തജതമാരെ ഇപ്പോഴും അത് തന്നെ പറയുന്നത് വിവേകമാത്ര സാധ്യത തിരിച്ചറിവ് വേണമല്ലേ അങ്ങനെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നതിനും മനുഷ്യനൊരു തിരിച്ചറിവും ആവശ്യമാണ് വിവേകമാത്ര സാധ്യത അതാണ് ഏറ്റവും വലിയ ആത്മീയത വിചാര ഏകാന്ത വിചാരം കൊണ്ടുവരുന്ന ഏകാഗ്രമായ നിശ്ചയം ഉറപ്പുള്ള നിശ്ചയം ഏകാഗ്രത എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മനസ്സിന്റെ ഉറപ്പാണ് ഇതാണ് ഇതിന്റെ ശരി ഇത് അസംബന്ധമാണെന്നുള്ള ആ വാർത്ത ഇതാവശ്യമില്ലാത്താണെന്നുള്ള വാർത്ത അതാണ് ഏകാനന്ദം ഏകാഗ്രമായ നിശ്ചയം ആ നിശ്ചയത്തെ സംബന്ധിച്ച് ആ ഏകാഗ്രതാ മൂല ഇളകാത്ത ഉറപ്പ് തന്നെയാണ് ഏകവിഷയത്തിലുള്ള നിശ്ചയം അങ്ങനെയൊക്കെ അത് എങ്ങനെയായിട്ട് വിചാരം ആ വിചാരം കൊണ്ടുള്ള ഇവിടെ മുഖ്യമായി പറയുന്ന ആത്മനിശ്ചയം പക്ഷെ ശ്രമം എന്ന് പറയുന്ന ശാന്തി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനു ഉപകരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചു മനസ്സിനെ ജയിക്കാൻ സഹായിക്കുന്ന എല്ലാ വിഷയങ്ങളെയും എടുക്കും വിവേകമാക്കാൻ സാധിക്കും തത് ഏത് നല്ല വിചാരികാന്ന നിശ്ചയം ദുഃഖജാലിത്യജത ദുഃഖജാലങ്ങളെയെല്ലാം ഉപേക്ഷിക്കുന്നവനായ ഈ ദുഃഖജാലങ്ങളെ ഉപേക്ഷിക്കാൻ വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്ന ദുഃഖം ഒരുപാട് ദുഃഖങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്നു മനുഷ്യന് സമ്പത്തില്ലാത്തതുകൊണ്ടോ ആരോഗ്യമില്ലാത്തതുകൊണ്ടോ ഒക്കെ ദുഃഖം വരാം അത് ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് രോഗം കൊണ്ടുവരുന്ന ദുഃഖം സമ്പത്തില്ലാത്ത കൊണ്ട് വരുന്ന ദുഃഖം ശത്രുക്കൾ ഉണ്ടാക്കുന്ന ദുഃഖം ഇങ്ങനെയൊക്കെ ഒരുപാട് ദുഃഖങ്ങൾ പക്ഷേ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുന്ന ദുഃഖങ്ങളും അത് മനസ്സിൻ്റെ ദൗർബല്യം കൊണ്ടുവരുന്ന ദുഃഖങ്ങളും അത് മനസ്സന്ധവിശ്വാസങ്ങളിൽ വെളിപ്പെടുന്നുകൊണ്ട് വരുന്ന ദുഃഖങ്ങളും അതിനെ ആ നേടേണ്ടതായ ദുഃഖത്യാഗം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ സ്വാസ്ഥ്യത്തെ അവര് നേടുന്നു വ്യാസത സ്ഥിരം തദ്വിചാരം നശ്വസതേ പദം പ്രാപ്യ സഭൂയോഹിജായതേ സുഖസേവി ആസന സ്ഥിരസുഖമാസനം യോഗത്തിന്റെ ടൈംസ് ആണ് ഇവിടെ വരുന്നത് പക്ഷെ അദ്വൈതത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സുഖമായി സേവിക്കത്തക്ക ആസനത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് അസ്വസ്ഥമായി സ്വസ്ഥത എന്ന് പറയുന്നത് മാനസികമായും നമ്മുടെ ചുറ്റുപാടുകൾ സ്വസ്ഥമായി എന്നാലും ഇതൊക്കെ നടക്കത്തും ചുറ്റുപാടുകൾ അസ്വസ്ഥമായാൻ പറ്റില്ല ശ്രമങ്ങൾ നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് സ്വസ്ഥമായ പുറം ലോകത്തെ അപേക്ഷിച്ചു സ്വസ്ഥമാണ് അങ്ങനെയുള്ള സ്വസ്ഥമായ ഒരു സ്ഥലത്തിൽ നിന്നുമുണ്ട് സ്വയം സ്വയം ആ വിചാരം ചെയ്തു അവിടെ പറയുന്ന ശ്രദ്ധിക്കുക സ്വയം വിചാരം ചെയ്യുക എന്നാണ് നമുക്ക് വേണ്ടി വേറെ ആരും ചിന്തിച്ചപ്പോൾ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി ബുദ്ധി ഉപയോഗിച്ചപ്പോൾ മറ്റാരെങ്കിലും നമുക്ക് വേണ്ടി ചിന്തിച്ചപ്പോലെ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഉപയോഗിക്കും വരും നമ്മുടെ ദുർബലമായ മനസ്സിനെ നമ്മൾ തന്നെ ശരിയാക്കും ആത്മവിശ്വാസവും പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ തന്നെ വരും അങ്ങനെ എല്ലാ ദൗർബല്യങ്ങളെയും പറയും അങ്ങനെ ശരിയായ ആത്മബോധവും അതിനെ കുറിച്ച് പറയുക സ്വച്ചതാണ് അവന് പദം പ്രാപ്തിയാണ് ഇവിടെ പറയുന്ന സ്വാസ്ഥ്യും ശാന്തി എന്നൊക്കെ പറയുന്ന പദം ആ പദത്തെ പ്രപ്പിച്ചിട്ട് ഭൂയോഹിതായ വീണ്ടും ജനിക്കുന്നില്ല അതിന്റെ മുഖ്യമായൊരാശയമാണ് വീണ്ടും ജനിക്കുന്നില്ല വീണ്ടും ജനിക്കുന്നില്ല വീണ്ടും ജനിക്കുന്നില്ലെന്ന് പറയുന്നുണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഉണ്ടാകും ജന്മേ ഇല്ലാത്തതാണ് അതെല്ലാം ഇവിടെ പറയുന്നില്ല ജനിക്കുന്നില്ല ഈ ഒരു ജന്മമേയുള്ളൂ ഇതാണ് അവസാനത്തെ ജന്മം ഇനിയൊരു ജന്മം ഇല്ല അടുത്ത ജന്മത്തെ ശരിയാക്കാം എന്നൊക്കെ നമ്മളോട് പറയുന്ന ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നത് അങ്ങനെ ഒരു ജന്മമൊന്നുമില്ല ഈ ഒരു ജന്മവേ ഉള്ളൂ പിന്നെ ജനിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താണ് ഈ ദൃഢനിശ്ചയമുള്ള അങ്ങനെയൊന്ന് മനസ്സിലാകാം എന്ന് വിചാരിക്കാ അടുത്ത ജന്മത്തെ ശരിയാക്കാം എന്തൊക്കെ പോരായ്മകൾ നമ്മളിലുണ്ടെങ്കിൽ ഈ ജന്മത്തെ തന്നെ സ്വയം ചിന്തിച്ച് സ്വയം പരിഹരിക്കും അടുത്തൊരു ജന്മവുമില്ല അടുത്ത് ഒരു ജന്മത്തിൽ പരിഹരിക്കാനും ഒന്നു ആ നിശ്ചയത്തിലെത്തി അതിന് മനസ്സിന് അനുകൂലമാകണം എന്നാണ് തത് സമസ്ത സുഖ ആസാര സിമാന്തം സാധമോ ഇതുവോ തദ് അനുത്തമം നീണ്ടുപോയി എന്തുകൊണ്ടാണെന്നറിയാം എന്താണ് സമസ്ത സുഖ സാര സീമാന്തം ആ പരമമായ സുഖത്തെ കുറിച്ച് പറയണം ഇവിടെ സുഖവും ശാന്തിയൊന്നും സ്വാസ്ഥ്യമൊന്നും ഒക്കെ മാറി മാറി കുറയ്ക്കും ഒരേ അർത്ഥത്തിൽ തന്നെ പറയും സമസ്തസുഖത്തിന്റെ ആ സാരം ശരിയായ സാരം സമീപ സർ അതിന്റെ അതി സീമ ആ സാരത്തിന്റെ സീമ അതിന്റെ അന്തം എന്ന് വെച്ചാൽ പൂർണത ആ സുഖത്തിന്റെ പൂർണത അപ്പോ നമ്മള് ജീവിച്ച് ഇങ്ങനെ കുറെ കാലമൊക്കെ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറെ ഇങ്ങോട്ട് ചെയ്യുമ്പോഴെങ്കിലും നമുക്ക് തോന്നണം മനസ്സിലെന്താണ് എന്റെ ജീവിതം ധന്യമായി ഒരു ജീവിതധന്യത നോക്കും അത് ഇങ്ങനെ മാനസികമായും ധന്യതാമിച്ചു കുറെ പണം സമ്പാദിച്ചോ കുറെ പ്രഭാഷണം നടത്തിയോ ആൾക്കാരെയൊക്കെ പഠിപ്പിച്ചോ ശാസ്ത്രങ്ങൾ പഠിച്ചോ ഇവിടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചിട്ടോന്നുമല്ല അല്ലാതെ തന്നെ അവരുടെ മനസ്സിനൊരു ധന്യത അനുഭവപ്പെടണം ജീവിതസാർത്ഥകമായി ആ ധന്യത അനുഭവപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളവർ എന്താണ് സാമ്പമായ സമാധാനമായിട്ട് ഞാൻ അമ്മയുടെ കുറെ സമയം സംസാരിച്ചത് അറിയാം പല കാര്യങ്ങളും സംസാരിച്ചു എല്ലാം നിങ്ങളോട് പറയത്തില്ല അത് പ്രതീക്ഷിച്ചുകൂടെ ഒരു കാര്യം പറയാം ഞാൻ അമ്പു ഈ ആന തടി പിടിക്കുന്നത് പോലെ ഇതെല്ലാം മരിച്ചുകൊണ്ട് പോവുകയാണ് ഇത് ഇതേ ഭാഷ തന്നെയാണ് ഇത്രയും പ്രസ്ഥാനങ്ങൾ ഇത്രയും ആൾക്കാർ തലതിരിഞ്ഞു കുറേ മനുഷ്യന് ഞാനിപ്പോ വ്യാഖ്യാനിക്കുന്നതാണ് ഞാൻ ഉപയോഗിച്ചു മറ്റേ മനസ്സിന് സമാധാനമാണ് ഞാൻ ചോദിച്ചു അറിയണമല്ലോ അത് ചോദിച്ചല്ലേ അറിയാം അല്ല എനിക്ക് പൂർണമായ സമാധാനം പൂർണ്ണമായ സാന്തി യാതൊരു ടെൻഷനുണ്ട് യാതൊരു സ്ട്രെസ്സുണ്ട് അതാണ് ധന്യതാണെന്നുള്ളത് അങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി പറയാനുള്ളത് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒന്നും ചെയ്യാതെ ഇവിടെ കരയിരുന്നതാണെന്ന് അപ്പൊ ആ ഒരു എന്താണ് അത് ഒരാൾ അങ്ങനെ പറയാൻ കഴിയും നമുക്കങ്ങനെ പറയാൻ കഴിയും അങ്ങനെ ഒരു ശാന്തി സമാധാനം എന്ന് പറയുന്നത് വേണം ഇതൊക്കെ ചെയ്യുന്നതിലുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ പറയുന്നു അതാണ് ബാക്കി പേരൊക്കെ പിന്നീട് പറയാം ഇന്ന് ഇത്രയും പേരൊക്കെ ഈ ശാന്തി ആ ശാന്തിയെ കുറിച്ച് ഞാൻ പറയും ഇവിടെ പറയുന്നതിനെക്കുറിച്ച് അങ്ങനെ വേണം നമ്മുടെ അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ നമുക്കൊരു ധന്യത അതില്ല എല്ലാം ഇന്നിങ്ങനെ ജീവിച്ചിട്ട് കഴിയും വെള്ളം കൊടുത്തെന്നോ മഞ്ഞ് കൊടുക്കുന്നു കാവ്യം കൊടുത്തെന്നോ ഇവിടെ കിട്ടുന്ന തലവത്തി പറഞ്ഞു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുന്ന് ഒരർത്ഥം അപ്പൊ ആ പറയുന്നത് പോലെയുള്ള പൂർണമായ ശാന്തി സമാധാനം എന്ന് സ്വയം നിർണ്ണയിക്കാൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് സീമാന്ത അതിന്റെ അപൂർണതയെക്കുറിച്ച് പറയും സാധുവ വിതുഹവും അത് സാധുക്കൾ അറിയും അതാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞത് അത് മഹാത്മാക്കളറിയും ആ മനസ്സിന്റെ സമാധാന ശാന്തി എന്ന് പറയുന്നത് ഇതിന്റെ ഉപരിയാണ് തദനുത്തമം അതിനേക്കാൾ ഉത്തമമായ ഒന്നും മനുഷ്യൻ ജീവിതത്തിൽ പ്രാപിക്കാനില്ല അനുത്തമം അതിനപ്പുറത്തമോ ഇല്ല അനിഷ്പന്ത യാതൊരു ഇളക്കമില്ലാത്തത് സ്ന്ദമില്ലാത്തതും അങ്ങനെ ഒരു മനോനിലയെ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു എളുപ്പമില്ല ആ നിഷ്പം രസായനം ആഹോ അത് ഏറ്റവും പരവുമായ അമൃതാണ് എന്റെ രസായനം ഉപയോഗിക്കുന്ന അമൃതം അതാണ് അമൃതം എന്ന് പറയുന്നത് ആ മനോനിലയാണ് ഇനിയിപ്പോൾ പറയുന്നു കൊണ്ട് നാശാന്തിയും കുറിച്ചാലും കൂടെ ശ്രദ്ധിക്കും